ഭാഷ വന്ദേ ഭഗവന്ത സദാശിവസമാരംഭം ശങ്കചാര്യമത്മാര്യപര്യതം വന്ദേ ഗുരുപരംപരാധാനം ചല്യണം സച്ചിദാനന്തരം അമൃത കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ്ട് അർബുദ രോഗത്തെയും ഇന്നുള്ള അതിൻ്റെ നിലയെയും ആയുർവേദത്തിൽ അതിനെക്കുറിച്ചുള്ള സമീപനത്തെയും കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട് അർബുദ ഹേതുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും എന്നാൽ പരക്കെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതികരണമാണ് രോഗങ്ങൾക്കെല്ലാം കാരണമെന്നും പ്രത്യേകിച്ച് അർബുദത്തിന് കാരണമെന്നും ഉള്ള സന്ദേശവും അതിനെ ആസ്പദമാക്കി ഒട്ടേറെ സന്ദേഹങ്ങളും ഇന്ന് അതും കൂടെ നമുക്കൊന്ന് അവഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയാം മനുഷ്യ ശരീരം ഏതാണ്ട് എല്ലാത്തിനോടും വിപരീതമായി പ്രതികരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് ഇന്ന് ശാസ്ത്രം വന്നുചേർന്നു അതിലേറ്റവും അവസാനത്തുള്ള അത്ഭുതത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നമുക്ക് കാണാം നേരത്തെ നമ്മൾ കണ്ടുപോകണമെന്നാണ് എന്റെ ഓർമ്മ പുരുഷ ബീജം തന്നെ ഓവലിയിലും യൂക്രസിലും ക്യാൻസറിന് കാരണമായി തീരുന്നു എന്ന് വരെ കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാടുകളായി വേറെ താമസിക്കാതെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഈ ദിശയില് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കാവുന്ന നഷ്ടപരിഹാരം വ്യക്തമായി ചോദിക്കാവുന്ന ഒരു സാധ്യതയിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന കാരണം ശരീരം എല്ലാത്തിനോടും വിപരീതമായി പ്രതികരിക്കും എന്നത് പഠനങ്ങളിൽ പ്രധാനമായി വരികയാണ് സമീപകാലത്ത് വൈദ്യശാസ്ത്രത്തിൽ മുമ്പെങ്ങും കാണാത്ത വിധം തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണാം പൊടി അലർജിയാണ് പുസ്തകം അലർജിയാണ് പേപ്പർ അലർജിയാണ് തുണി അലർജിയ ഗോതമ്പ് അലർജിയ റവ അലർജിയ മുളക് അലർജിയ ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത് പഴക്ക ശരിയാണോന്നറിയില്ല എങ്ങനെയാണ് ഈ വസ്തുക്കളൊക്കെ ആധുനികർക്ക് ഇത്രയേറെ അലർജിയായി മാറിയത് മണ്ണിന്റെ കൂടി അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ഇഷ്ടിക പൊടിഞ്ഞു കിടക്കുന്നിടത്ത് പോയാൽ തുമ്മുക ചെറിയുക ഒക്കെ ചെയ്യുന്നവർക്ക് ധാരാളമായി കാണാം കളിമണ്ണുകൊണ്ട് കലമുണ്ടാക്കുന്നിടത്ത് പോയാൽ വല്ലാതെ വിഷമിക്കുന്ന ആളുകളെ നമുക്ക് കാണാം ശരിയല്ല വെളുത്ത കളിമണ്ണ് എടുക്കുന്ന പ്രബലങ്ങളിലൂടെ എങ്ങാനും പോയാൽ ആഴര രോഗങ്ങൾ ഉണ്ടാകും എന്ന് പഠിച്ചിട്ട് അതിന്റെ അടുത്ത് ജീവിക്കാൻ പറ്റാത്തവരെ നമുക്കൊന്ന് കാണാം തിരുവനന്തപുരത്ത് അല്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തടാകമൊക്കെയുള്ള സ്ഥലം വേലി വേലിയിലടുത്ത് വലിയ വലിയ ക്ലേ ഫാക്ചർ തന്നെയുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല വലിയ കുഴപ്പമാണെന്നാണ് വിചിത്രമെന്ന് പറയട്ടെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതേ ആളുകൾ പൗഡർ മുഖത്തൊക്കെ വാരിയിടാറുണ്ട് അത് ഈ ക്ലയ തന്നെയാണ് അതിനലർജി കാണുന്നുണ്ട് ക്ലയാണെന്ന് അറിയാതെയാണ് വാരി കക്ഷത്തിലും മുഖത്തുമൊക്കെ പൂജുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം അലർജി അന്നേരം കാണുന്നുമില്ല എന്റെ ദിശ ശരിയായിരിക്കുമോ എന്ന് എനിക്ക് ദിശമല്ല നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ട് എന്റെ ദിശ ആ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്കൊന്ന് പിരിയാമെന്ന് വിചാരിച്ചത് മണ്ണിന്റെ പൊടി പറ്റുകയില്ല ചാണകം വറ്റുകയില്ല അത് പറ്റുകയില്ല ഇത് പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ജാഥയിലൊക്കെ ജീവിക്കുന്ന നിങ്ങളിലെ അഭ്യസ്തവിദ്യരായ ആളുകൾ നിത്യവും ശരീരം മുഴുവൻ വാരി പൂശുന്ന കോൺസും കുട്ടിക്കൂറയും അല്ലാത്ത ടങ്ങുന്ന ഈ പൊടി നല്ല കിളയാണ് അറിഞ്ഞുകൊണ്ടല്ല വലിയ നേരി കപ്പൊടിക്കത്രയും വേച്ചില്ല പിന്നെ നല്ല വേച്ചാണ് നോക്കിയാലും അങ്ങനെ ഒന്നാണെങ്കിൽ വീട്ടുകാർ ലഭിച്ചോടുക്കാം അതിലും അപകടകരമായത് ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ വസിക്കാൻ പറ്റില്ല ഇത് ശ്വസിക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് തൊഴിലാളിയായി ജോലി നോക്കണമെങ്കിൽ ഒരുപാട് തവണ ആരോഗ്യനിലയെപ്പറ്റിയുള്ള ടെസ്റ്റുകൾ നടത്തണം എന്നൊക്കെ നിർബന്ധമുണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്തോന്നുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്ന് കഴിച്ചിട്ടുള്ളവരും കഴിക്കുന്നവരും ഒന്ന് കൈവോക്കിയാൽ ഉപകാരമായി ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവരും കഴിക്കുന്നവരും സാധാരണ കഴിച്ച ടാബ്ലറ്റിൽ എത്ര മില്ലിഗ്രാം ഉണ്ടെന്നാണ് എഴുതിയിരുന്നതെന്ന് ഓർമ്മയുണ്ടോ ഏതാണ്ട് അഞ്ഞൂറ് മില്ലിഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം നൂറ് മില്ലിഗ്രാം മില്ലിഗ്രാമിനേ ഉള്ളൂ കഴിച്ച ടാബ്ലറ്റ് എത്രയുണ്ടോന്നറിയോ രണ്ട് മൂന്ന് അഞ്ച് ഗ്രാം വരെയൊക്കെ വരും ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അഞ്ച് ഗ്രാം വരുന്ന ഒരു ടാബ്ലറ്റിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം പോയാൽ നാനൂറ്റി എഴു നാലായിരത്തി എഴുന്നൂറ്റമ്പത് മില്ലിഗ്രാം പെരുമ്പാവൂരാണ് പൊടിച്ചയക്കുന്നത് കൊണ്ടാകാം സ്ഥലവും കൊണ്ടകാന നാലായിരത്തി എഴുന്നൂറ്റൻപത് മില്ലിഗ്രാം വരുന്ന സാധനം സൂപ്പർ ക്ലയ പൊടിച്ചരിച്ച് സൂക്ഷ്മ ചൂർന്നാണ് ഗർഭിണികളും മറ്റും ഒരാറുമാസം എട്ട് മാസം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഗ്രാം മണ്ണ് തിന്നു നോക്കിയാ ഒട്ടിക്കാനൊക്കെ ചാർജ് ബേസ് ഉണ്ടാവും നിങ്ങൾക്ക് അന്വേഷിക്കാം മാത്രം വരുതെന്ന് പറയേണ്ട ഇപ്പൊ ആയുർവേദക്കാരറക്കുന്നത് അതുകൊണ്ട് ഞാൻ ആയുർവേദത്തിന് അനുകൂലമായി പറഞ്ഞു ഭരിക്കേണ്ട ആയുർവേദത്തിലും ഒരുപാട് ക്ലയ ഉണ്ട് ഹോമിയോപ്പതിയിലും ഇപ്പൊ ക്ലയധാരാളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആയുർവേദവും ഹോമിയോയും ഒന്നും ഇരുന്ന് കച്ചവടത്തിൻ്റെ ലോകത്ത് രക്ഷപ്പെടുന്നു എന്ന് കരുതണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആധുനിക വൈദ്യശാസ്ത്രം മാത്രമാണ് ഈ പണി ചെയ്യുന്നതെന്ന് കരുതണ്ട അങ്ങനെ പറഞ്ഞാൽ അത് പ്രസംഗമാണ് കാരണം പുതിയ തലത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ രീതിയിൽ ആയുർവേദത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾ അത്രയും അതേ രീതിയിലാണ് ഔഷധഘടനയും ഔഷധ നിർമ്മാണവും ഇന്ന് കൈകാര്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലാവുക ആയുർവേദം ഒരു പഴഞ്ചനാണെന്നും അത് പൂർണ്ണമായൊരു ശാസ്ത്രമല്ലെന്നും അത് കുറെ ടസ്റ്റുകളിൽ നടത്തി ശാസ്ത്രമാക്കിയെടുത്താലേ പറ്റുള്ളൂ എന്നും ആയുർവേദക്കാരും ആയുർവേദത്തോട് താല്പര്യമുള്ളവരും ഇപ്പോൾ ചിന്തിച്ചു വരുന്നുണ്ട് അതും സൈഡിൽ ഓർക്കേണ്ടതാണ് കാരണം സുശ്രുതനോ ചരകനോ ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇത്രയേറെ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ലെന്നും അത് സാങ്കേതിക മികവുള്ള ഔഷധങ്ങളല്ലെന്നും അതുകൊണ്ട് തന്നെ അവയെ ആധുനിക രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തു കൊണ്ടുവരേണ്ടത് ആംഗ്ലേയ വിദ്യാഭ്യാസം നേടിയ ഭാരതീയ ചിന്തയോട് പ്രിയമുള്ള വിദ്യാസമ്പന്നരായ ഭാരതീയരുടെ കടമയാണെന്നും നമ്മൾ വേണം ഇതിനെ ആ സ്റ്റാൻഡേർഡിനൊപ്പം ിയെത്തിക്കാൻ എന്നും ഒക്കെ ധരിച്ചു വശായിരിക്കുന്ന ഒരുപാട് മണ്ഡന്മാർ ഈ കാലഘട്ടത്തിലുണ്ട് ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത്ര എനിക്ക് തോന്നുന്നില്ല പറ്റാവുമോ ഏ കുഴപ്പ അപ്പൊ അങ്ങനെയൊക്കെ ധരിച്ചു വശായവർ വേണ്ടത്രയുണ്ട് അതിന്റെ പേരിൽ ആ രീതിയിലേക്ക് ഇതിനെയെല്ലാം മാറ്റിക്കൊണ്ടുപോകുവാൻ കൊണ്ടുപിടിച്ച് ഗവേഷണങ്ങൾ ഇന്ന് നടക്കുന്നു മാത്രവുമല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രീതിയിലാണ് ഫിസിയോളജിയും ഒക്കെ പഠിച്ച് ചികിത്സയ്ക്ക് ഒരുങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ചികിത്സ എവിടെയെങ്കിലും പരാജയപ്പെടുന്നുവെങ്കിൽ പരാജയപ്പെടുന്നതും അവിടെ ശാസ്ത്രത്തിന്റെ രീതി വരെയാണ് അത് നമുക്ക് പുറകെ പറയാം നമുക്ക് വരും അസാത്മികമായിരിക്കുന്ന കാസശ്വാസങ്ങളെ സുശ്രുതനും പറഞ്ഞിട്ടുണ്ട് പുഷ്പം അതിന്റെ പൂമ്പൊടി ഗന്ധം ജീവികളുടെ പൊടികൾ ഉണങ്ങിപ്പറന്നു വരുന്നവ ഒക്കെ ചിലർക്ക് അസാത്മ്യജമാകും അപ്പോഴുണ്ടാകുന്ന കാർത്തം ശ്വാസം ഇവയെ അസാത്മ്യജ കാശ്വാസമെന്നും അപ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലിനെ അസാത്മ്യജ കണ്ടു എന്നും പറയുന്നു സുശ്രുതൻ പറഞ്ഞിട്ടുകയുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അതാണ് മുഖ്യം എല്ലാ പദാർത്ഥങ്ങളും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസാത്മീയമാണ് അതിന് കാരണം ബോധമാണ് ജനിതകമാണ് ജനിതക സ്മൃതി എന്ന് പറയുന്നത് പൂർവ പൂർവ ജന്മങ്ങളുടെ ശീലമാണോ ഒരു ജന്മം കൊണ്ടിരിക്കുന്ന തീരില്ല ഇനിയും വന്നുപോകേണ്ട ജനിതകങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞ് വരാനിരിക്കുന്ന ജീവിതത്തെ കൂടി ദുർഭകമാകാത്ത വിധത്തിൽ വേണം ഇന്ന് ജീവിതം കൊണ്ടുപോകാൻ ഇന്ന സമ്പാദിച്ചതാണിതെന്ന് അന്ന് തിരിച്ചറിയാതെ കൂടിയിരിക്കുമെങ്കിൽ ശാസ്ത്രകാരന്റെ ഊഹങ്ങളിൽ മാത്രമൊതുങ്ങുകയും സ്വയമറിയാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ പരിഹാരങ്ങൾ വിഷമവൃത്തങ്ങളെ സൃഷ്ടിക്കുമ്പോൾ മാനവജീവിതം ഈ ഒരു ജീവിതം കൊണ്ട് ഇത് മുമ്പുള്ളതിന്റെ തുടർച്ചയാണെന്നും ഇനി വരാനിരിക്കുന്നതിന്റെ മുൻപുള്ളതാണെന്നും ഒരവബോധം അനിവാര്യമാണ് മനസ്സിലായോ അതിന് ബോധത്തിൽ വളരെ സുശക്തമായി വേണം ശബ്ദങ്ങളെയും സന്ദേശങ്ങളെയും എത്തിക്കുവാൻ ഇതുകൊണ്ടാണ് പഴയ കാലത്ത് കുട്ടികൾക്ക് ഇന്ന് കാണുന്ന കുട്ടികൾക്കുള്ള ഇത്തരം കാര്യങ്ങളോടുള്ള അസാത്മീയാവസ്ഥ അലർജി ഇല്ലാതിരുന്നത് വളരെ ആലോചിച്ചു നോക്ക് കാരണം ഒരമ്മ കുഞ്ഞിനെയും കൊണ്ട് ചാണകം വരാൻ പോവും കുഞ്ഞിനെയും കൊണ്ട് പുറമ് കിടക്കാൻ പോവും കുഞ്ഞിനെയും കൊണ്ട് വെള്ളം കുരാൻ പോകും കുഞ്ഞാ അമ്മ പോകുന്ന വഴിയെല്ലാം പോയി പുകയും പൊടിപടലങ്ങളും ഒക്കെ അരിച്ച് ജീവിക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ശക്തി വളരെ ചെറുപ്പത്തിൽ തന്നെ രൂപാന്തരപ്പെടുകയും ചുറ്റുപാടുകൾ തൻ്റെ സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുമ്പോൾ ഈ പൊടിപടലങ്ങളെല്ലാമാണ് ഞാനെന്ന ഒരു തദ്ധ്യ മനസ്സിലാവുകയും ചെയ്യുമ്പോൾ പ്രാചീന കാലത്തൊരു കണക്കുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല കേട്ടിട്ടുണ്ടോന്നറിയില്ല ആ ഇത പഠിക്കാൻ പോയി തന്റെ മകനെ പഠിക്കാൻ വിട്ടു ഇവനു പൊങ്ങാണ്ടൂര് പഠിച്ചേച്ചു വന്നിരിക്കുക തന്ത വീട്ടില് രാവിലെ എഴുന്നേറ്റ് ചാണകമായിരുന്നു മാം പടുത്തോന്നു കഴിഞ്ഞ് വെൽപോട്ടം പാലസുക്കിട്ട് ഫ്രണ്ടില് കത്തേരിൽ കാലിന്റെ മുകളിൽ കാല് വെക്കിൽ കയറ്റിവെച്ച് അങ്ങനെ ഇരിക്കുന്നു സ്വന്ത ചാണകം വായിക്കഴിഞ്ഞു വന്നു പശുവിനെ കുളിപ്പിച്ചു കറന്നു കുരുക്കും ഇല്ല ഇരിപ്പ് കണ്ടിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് തന്തയ്ക്ക് പഠിക്കാൻ വിട്ടവണക്ക് തന്നെക്കാൾ വിനയം ഉണ്ടാകുമെന്നാണ് തന്ത വിചാരിച്ചത് കാരണം താൻ പഠിച്ചവനല്ല പഠിച്ച് പഠിക്കാത്ത തന്നെക്കാൽ വിവരം ഉണ്ടാകാനാണ് പഠിക്കാൻ വിട്ടത് ഇപ്പൊ തന്തയ്ക്കാകപ്പാടെ ദുഃഖം തോന്നാൻ തുടങ്ങി ഈ തന്തയും മക്കളും ഒക്കെ ആരൊക്കെയാണെന്ന് അവനവനൊക്കെ തന്നെ ആലോചിച്ച് ഞാൻ പറഞ്ഞു തന്ന് പഠിക്കാൻ പോകണ്ട ഈ ബെൽകോട്ടും ഫാൻസും ഇൻസർട്ട് ചെയ്ത ശത്രു ഒക്കെയായിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കാം രാവിലെ മോലെ ഇപ്പൊ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന മോനെ കണ്ടപ്പോ അച്ഛൻ ആദ്യം വിചാരിച്ചു ഇല്ല ചാണകം വാരിയില്ലെങ്കിലും അടുത്ത പണിക്ക് ഇറങ്ങി വരുന്നത് കഴിഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ടുപിടിച്ച് പണിക്കിടയില് ഏത് സഹിക്കവയ്യാതെ അന്നറോ ബോന്ന് ചോദിച്ചു മോനെ പലരും പഠിക്കാൻ പോയുള്ളൂ പക്ഷെ വിദ്യാഭ്യാസത്തിന് പോയിട്ട് ഇത്രയും അഹങ്കാരമുള്ളവരായി ആരെയും ഇതുവരെ ഞാൻ പരിചയപ്പെട്ടു പ്രവൻ വളരെ അലക്ഷ്യമായും അശ്രദ്ധയോടും തന്തയെ നോക്കാൻ തുടങ്ങിയപ്പോ തന്ത അടുത്ത ചോദിച്ചു നീ ഒരുപാട് പഠിച്ചോ എന്നറിയുമാറ എല്ലാം അറിയാവുന്ന അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ തന്ത ഒഴിച്ചു ഏന അശ്രുതം ശ്രുതം ഭവതി അമതം മതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം അവന്റെ പേര് അവനോട് വിളിച്ചു ഒരെണ്ണം കേട്ടാൽ എല്ലാം കേൾക്കുന്ന ഒരു വിദ്യയുണ്ട് അത് കേട്ടോന്നി അങ്ങനെ ഒരു അറിവായിട്ടില്ല ഒരെണ്ണം അനുഭവിച്ചാൽ മുഴുവൻ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ട് അനുഭവിച്ചു തോന്നി അതുമില്ല എല്ലാം അറിയുന്ന ഒരറിവുണ്ട് അതറിഞ്ഞമായി അതും അറിഞ്ഞില്ല ഒരാളും മിടുക്കനാണ് അവനാ കാൽക്ക് മേൽ കാല് വെച്ചിരുന്ന ഇരിപ്പിന്ന പൊതു എഴുന്നേറ്റ് പറഞ്ഞു അച്ഛാ ഇതെനിക്ക് അറിയില്ല പഠിപ്പിച്ചിട്ടില്ല എന്റെ ഓതിക്ക് ഒന്നും അറിയുമൊന്നും തോന്നുന്നില്ല മിടുക ഞങ്ങളുടെ സിലബസിൽ ഇതിൽ സിലബസ് അനല്ലേ എനിക്ക് പറഞ്ഞു വളരെ മിടുക്കനായ കൊണ്ട് പറഞ്ഞ ചാദനിക്കു മാറിയാണ് മോനെ നീയ ഹിമാലയത്തിന്റെ ഉച്ചയിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കണ്ടിട്ടുണ്ടോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെ കണ്ടിട്ടുണ്ടോ ഈ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികൾ കടലിൽ ചെന്ന് ഏതൊരു കടലിൽ നിന്ന് ജലം നീരാവിയായി പൊന്തിയോ അത് നദികളായി തീർന്ന് ഏതൊരു കടലിലാണോ ചെന്ന് ചേരുന്നത് എല്ലാം ഏതൊന്നിൽ നിന്നുണ്ടായോ അതിൽ തന്നെയാണ് ചെന്ന് ലയിക്കുന്നത് അതുകൊണ്ട് സത്ത ഏകമാണ് ഒന്നും ഒന്നിൽ നിന്നും വ്യത്യസ്ത അത് നീയാണ് അപ്പോൾ അവന് കുറച്ചുകൂടെ കയറ്റണം പക്ഷെ അല്പം കൂടെ വിശദീകരിച്ച് പറയണമായി ഇപ്പൊ ജനറൽ ആയിട്ട് എന്ന സജ്ഞ ഏകവും അദ്വയവുമായ അറിവ് രൂപമെടുത്ത നീ ബോധം എന്നത് ആ ബോധം തന്നെയാണ് നീ നിന്നിലെ ശരീരവും മനസ്സുമെല്ലാം മാറ്റിയാൽ അതുകൊണ്ട് ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ നീയല്ല നീ കേവലമായ ബോധമാണ് നദി എപ്രകാരം കടൽ തന്നെയാണോ അതുപോലെ കടലിലെ ജലമാണ് നീരാവിയാകുന്നത് അത് തന്നെയാണ് അതുതന്നെയാണ് നദിയായി ഒഴുകുന്നത് അത് കടലിൽ ലയിക്കുന്നത് അതുകൊണ്ട് കടലല്ലാതെ നദിയില്ല ഈ ബോധം ഉണ്ടായാൽ മുമ്പ് പറഞ്ഞത് വൃത്തിയാവും മനസ്സിലായില്ല ഒന്നും ഒന്നിനും അലർജിയാവില്ല ആവാൻ പാടില്ല കാരണം അത് തന്നെയാണ് ഞാൻ പിന്നെങ്ങനെ അലർജി ആകുന്നത് ഞാൻ തന്നെ എനിക്കെങ്ങനെ അലർജിയായിരുന്നു ഇപ്പൊ തന്തപ്പടിക്ക് ഇവരുള്ളതുകൊണ്ട് തന്തപ്പടി ആദ്യത്തെ തണ്ടപ്പടി നല്ല ഇവരുണ്ട് ഉദാഹരണത്തിന് ഇവനെ അയച്ചു പറഞ്ഞു കുറച്ചുകൂടെ കേട്ടാ കൊള്ളാം അശ്വത്ഥം കണ്ടില്ലേ അതിന്റെ ചോട് കുറിക്കാൻ പറഞ്ഞു കറ വരുന്നുണ്ട് നടു കുറിക്കാൻ പറഞ്ഞു കറ വരുന്നുണ്ട് മോളിൽ കുറിക്കാൻ പറഞ്ഞു കറ വരുന്നുണ്ട് അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും കറയുണ്ടാകുന്നുണ്ട് അതിൽ ജീവനുണ്ട് അത് സമഗ്രമായി വ്യാപിച്ചിരിക്കുന്നതാണ് ബോധം ശരവും അചരവുമായ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ് അത് ഒരിക്കൽ ജീവൻ ഇല്ലാത്ത ഒരു വസ്തു ഇല്ലല്ലോ ജീവൻ ഒരു വസ്തു ലോകത്തിൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇരുമ്പും ചെമ്പും പിച്ചളയും ഏർ അടങ്ങുന്നതായ രോഗങ്ങളും കല്ലും മണ്ണും എല്ലാം ജീവനുള്ളതാണ് സസ്യങ്ങളും ജീവനുള്ളതാണ് സസ്യങ്ങളും ആ കല്ലും മണ്ണും പിച്ചളയും ചെമ്പും എല്ലാം അന്തേദനങ്ങളും മനുഷ്യനും മൃഗങ്ങളും ബഹിരന്തേതനങ്ങളുമാണ് കാരണം നമ്മൾ പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് എന്നോട് പറയും അത് ഞാനത് അല്ല വേണ്ട അറിയിക്കണ്ട വേണ്ടെന്ന് നിങ്ങൾ തമ്മിൽ ഇനി വഴക്കുണ്ടാക്കണ്ട ഇനി ആട്ടി നടത്തി കഴിഞ്ഞിട്ട് ഞാൻ പോലീസിനെ വിളിക്കാൻ പോകട്ടെ അതുകൊണ്ട് അത് വിട്ടേ എനിക്ക് ബുദ്ധിമുട്ട് വരുത്തും ഒന്നൂടെ പറയുന്ന എനിക്കും വളരെ ചാരിദാർഥ്യമുള്ളതാണ് പറ്റീഷനായി നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് പ്രശ്നമുള്ളൂ എനിക്കിതൊരു അമ്പത് പ്രാവശ്യം പറഞ്ഞാലും എന്റെ ആസ്വാദ്യത ഇതിന്നാലുള്ളത് പോകില്ല അതുകൊണ്ട് പേടിക്കണ്ട പക്ഷെ നിങ്ങൾ ഇത് പറഞ്ഞതാണല്ലോ സമയം കളയുന്നല്ലോ എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമില്ല അത്ര വെള്ള അന്തേദനങ്ങളാണ് സസ്യങ്ങളും ലോഹങ്ങളും മണ്ണും കല്ലുമെല്ലാം മനുഷ്യനും മൃഗങ്ങളും ബഹിരന്തേതനങ്ങളാണ് ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ ബാഹ്യമായും ആന്തരികമായും ചേതന അല്ലെങ്കിൽ ജീവനുണ്ട് സസ്യത്തിനും ലോകങ്ങൾക്കുമൊക്കെ അന്തശ്ചേദനയേയുള്ളൂ ബാഹ്യചേതനയില്ല അവ പരിണമിച്ചുള്ള ദശാസന്ധിയിലാണ് ബഹിരന്തേദനങ്ങളായവ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആയുർവേദത്തിന്റെ അടിസ്ഥാന തന്തുവിൽ അന്തേദനങ്ങളായ വസ്തുക്കൾ ജഡമെന്ന പോലെയാണ് ബാഹ്യമായി പെരുമാറുന്നത് ജഡത്വം നിലനിൽക്കുന്നിടത്തോളം അവ ഔഷധങ്ങളാവുകയില്ല ഇതാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമം നല്ലവരെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഒരു വസ്തു എപ്പോൾ സൂക്ഷ്മമാകുന്നുവോ സൂക്ഷ്മമാകുമ്പോൾ അതിന്റെ ചേതന ത്രസിക്കാൻ തുടങ്ങി അതുവരെ അത് ബാഹ്യ ചേതനയില്ലാതെ ചേതനയെ മറച്ചു നിലകൊള്ളുന്നു കാർബണിക സംയുക്തങ്ങൾ എടുത്താൽ അതിൻ്റെ ബോണ്ട് എട്ട് എന്ന നമ്പരിലെത്തിയാൽ അവയ്ക്ക് പ്രവർത്തനക്ഷമതയില്ല ശക്തമാവും ഇനർജിയെ ഉണ്ടാവും മെന്റലി പിന്നെ ഒരു കെമിസ്ട്രിയിൽ പഠിച്ചുകൊള്ളുക എട്ടും എട്ടിൻ്റെ മട്ടംപൊളി സോട്ടെ ില്ല കെമിസ്ട്രി മറന്നുപോയി ഇപ്പൊ തലയിലില്ല എന്തായാലും ഉള്ളവരാരെങ്കിലും ഉള്ളവരാരെങ്കിലും ഇപ്പൊ തലയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്താൽ മതി ഇനർഷിയ ഉണ്ടാകുന്ന വസ്തുവിൽ ഒരു ബൾക്ക് മറ്റീരിയൽ എപ്പോഴും ഇനർത്തായിരിക്കും മനസ്സിലായില്ല ഇനത്തായിരിക്കുന്ന ഒരു പദാർത്ഥം നമ്മുടെ എൻസൈമുകളാലോ നമ്മുടെ ഹോർമോണുകളാലോ ദഹിപ്പിക്കപ്പെട്ട് അതിസൂക്ഷ്മങ്ങളാക്കാൻ പറ്റുന്നവയാണെങ്കിൽ മാത്രമാണ് അവ അന്തേതനയെ വെടിഞ്ഞ് ബാഹ്യചേതനയോടുകൂടിയതായി കോശത്തിന് ജീവനായി शांत व्याप विद मनस कह जडराग्नि भूताग्नको सूक्ष्म धात्ग्न धातुपर्यंतमे कहच വെണ്ടക്കയും പാവക്കയും ജഡമായിരുന്നതാണ് ചൈതന്യധന്യമായി കാഴ്ചയായും കേൾവിയായും ഒക്കെ രൂപാന്തരപ്പെട്ട് ഭാഗ്യചേതനമായി തീരുന്നതെന്ന് മുരിങ്ങക്കായും മുരിങ്ങയിലയും കഴിച്ചു പരിച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ ഇന്നലെ കാഴ്ച മങ്ങിയിരുന്നയാൾ നല്ലൊരു കാണാവല്ലോ ഇന്നലെ ഞാൻ പത്രം വായിച്ചപ്പോ ചെറിയ അക്ഷരം കണ്ടില്ല ഇപ്പൊ വായിക്കാടി പോല ജഡമായ മുരിങ്ങയില ജഡമായിരിക്കുന്ന ജാട്യം വന്നിരിക്കുന്ന തകരയില അതിന്റെ അന്തസ്തചേദനയെ കടന്ന് േദനയായി പരിണമിച്ച് കഴിയുമ്പോഴാണ് കാഴ്ചയായത് ജഡമായിരിക്കുന്ന ചെറുവഴുതിനെ പേരും വെൺവഴുതിനെ പേരും ഓരിലെ പേരും മൂവിലെ വേരും പശുവിൻ പാലും ചേർത്ത് കാച്ചി മുന്നൂറ് എം പശുവിൻ പാലില് ഒരു ലിറ്റർ വെള്ളമൊഴിച്ച് ഈ വേരുകൾ ചതച്ചിട്ട് കാച്ചി പാലളവായാൽ വാങ്ങിയെടുത്ത് കുടിച്ചു കഴിയുമ്പോൾ അന്തേദനമായിരുന്ന ഈ വേരുകളിലെ ചൈതന്യം പാലിലേക്ക് രൂപാന്തരപ്പെട്ട് അതിന്റെ കൊളോയിഡൽ ഗുണങ്ങൾ വർദ്ധിച്ച് അതിന്റെ കത്തലിസിക് ഗുണങ്ങൾ വർദ്ധിച്ച് അത് നിങ്ങളുടെ ആന്തരികമായ ഘടനയിൽ വീർത്തിരിക്കുന്ന പ്രോസ്ട്രേറ്റിനെ ചുരുക്കിയപ്പോൾ അതുവരെ തലേദിവസം വരെ മൂത്രം ഒഴിച്ചാൽ എഴുന്നേക്കുമ്പോൾ ഷഡ്ഡി വീണ്ടും അനഞ്ഞവൻ ഇപ്രാവശ്യം ഒഴിച്ചപ്പോഴേ മുഴുവൻ പോകുന്നു അന്തേദനയെ ഉണർത്താതെ ഔഷധം ഔഷധമാവില്ല എന്ന ആയുർവേദം ഇരുമ്പ് ഒരച്ചെടുത്ത് കലക്കിത്തരി അല്ല ചെയ്യുന്നത് ആയുർവേദത്തിൽ മനസ്സിലായില്ല ഇരുമ്പ് പഴിപ്പിച്ച് മുക്കും ആദ്യ ഇരുമ്പ് വഴിപ്പിച്ച് എള്ളെണ്ണയിൽ മുക്കും അതിന്റെ മോളിക്യൂൾസിന്റെ കോൺ ഫിഗറേഷൻ മാറും ഘടന മാറും ഘടന എന്ന് പറയുന്നതിനേക്കാൾ മനസ്സിലാവുക മറ്റേതായതുകൊണ്ടാണ് പറഞ്ഞേ അതിന്റെ ബോണ്ട് സ്പ്ലിറ്റ് ആകും വീണ്ടും അതിനെ പഴിപ്പിച്ച് മോരിൽ മുക്കും കുളിച്ച മോരില് പ്രാചീനൻ വളരെ എളുപ്പത്തിലായി പണി മോരിൽ മുക്കി കഴിയുമ്പോ അതിന്റെ വീണ്ടും ഘടന മാറും വീണ്ടും പഠിപ്പിച്ച് ഗോമൂത്രത്തിൽ മുക്കും ഇത്രയും കഴിഞ്ഞാൽ കൈ കൊണ്ട് പിന്നെ കാഠിനെ ഉള്ള ഇരുമ്പ് കൈ കൊണ്ടെടുത്താൽ പൊടിയത് ഏഴേഴ് പ്രാവശ്യം മുക്കും പിന്നെ വളരെ സിമ്പിൾ ആയിരുന്നു പൊടിയ പിന്നെ ഇത് അരച്ചാൽ അരയും കല്ലേലും അദ്ദേഹം കേൾക്കുക ഇത് കഴിഞ്ഞാൽ അതിനുള്ള മൂലികകളിൽ ഇരുമ്പിലുള്ളതായ മാലിന്യങ്ങളെ കളയുവാനും ഇരുമ്പിലുള്ളതായ അഗ്നിയുടെ ദോഷത്തെ ഇല്ലാതാക്കുവാനും ഒക്കെ പര്യാപ്തങ്ങളായ മൂലികകളിലും കഷായങ്ങളിലും അരച്ചു അരച്ചുറച്ചു കഴിഞ്ഞാൽ അത് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും വില്ലകളാക്കും മനസ്സിലായില്ല അതിനെ ഒരു ചട്ടിയിൽ വെച്ച് വേറൊരു ചട്ടി കൊണ്ട് മൂടി അതിനെ ശീലമൺ ചെയ്ത് രണ്ടായിരത്തി നാനൂറോ രണ്ടായിരത്തി മുന്നൂറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഗജപുടങ്ങളിലും അന്തധൂമമായി അവ ഭസ്മമാകും മനസ്സിലായില്ല ഇനി ഒരിക്കലും ഈ ഇരുമ്പ് അത് ഇരുപത്തൊന്ന് തവണ ഈ മരുന്നരച്ച് കുടം ചെയ്യുക തവണ ചെയ്യുക നാൽപ്പത്തൊന്ന് തവണ ചെയ്യുക ചെയ്താൽ വെള്ളത്തിൽ പൊങ്ങിക്കിടലും ഭസ്മമായില്ല ഈ സാധനം തിരിച്ചു നിങ്ങൾ എന്ത് പ്രോസസ് ചെയ്താലും ഇവൻ തിരിച്ചു മറ്റതാവൂല വീണ്ടില്ല ഇപ്പോ ഉള്ള ഈ സാധനം നിങ്ങളുടെ നാവിലിട്ടാൽ അഴിയുകയും നിങ്ങളുടെ ഉള്ളിലെത്തിയാൽ ദഹിക്കുകയും അപ്പോ അതിലുള്ള ചൈതന്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് പിടിക്കും തൂറുമ്പോ പോകില്ല അയണ്ടാവുന്നാൽ ഇത് തൂറുമ്പോ പോവും ഇതായി കെമിസ്ട്രി അവിടെ ദ്രവ്യം അതിസൂക്ഷ്മാകുമ്പോൾ അതിന്റെ വൈദ്യുത സർജനം കൂടുന്നു ഊർജദായക ശക്തി കൂടുന്നു അതിനെ അതിന്റെ ചേതന എന്ന് വിളിക്കുന്നു ഈ ചേതന അതിസൂക്ഷ്മമാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ മറച്ചു നിൽക്കുന്ന ബ്ലഡ് ബ്രെയിൻ വാരിയർ ബ്ലഡും ബ്രെയിനും തമ്മിലുള്ള മറവിക്കാൻ ഈ ചേതനയ്ക്ക് കഴിയുന്നു നിങ്ങൾ വലിച്ചു വീഴുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കാനാവില്ല അതുകൊണ്ടാണ് ഒരു രോഗവും മാറാതിരിക്കുന്നത് അവിടുന്ന് ഉപേക്ഷിച്ചു പല നാടൻ വൈദ്യന്മാരുടെ എടുക്കെ ചെല്ലുമ്പോൾ അവർ പതുക്കെ ഒരു ലോഹ ഒരു സ്വർണ ഭക്ഷണമോ ഒക്കെ അവരുണ്ടാക്കിയത് ഒരു സിദ്ധ മകര ധ്വജമൊക്കെ തന്നാൽ ആ ബ്ലഡ് ബ്രെയിൻ ഭാര്യ കിടക്കുകയും ബോധം വീഴുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ല ഇത് ഞാൻ ഇങ്ങനെ അല്ലെങ്കിലും പറഞ്ഞതാണെന്നൊരു ചെറിയ ഓർമ്മ ഇപ്പൊ തോന്നില്ലേ കാരണം ഞാൻ പറഞ്ഞതാണെന്നുള്ളതിന് കാരണം നിങ്ങളെ അമ്മ ആനോരവൻ കാണിച്ചതാണ് അന്ന് ഞാൻ ഇത് പറഞ്ഞതാണ് അതായത് ബൾക്ക് ഗോൾഡിന്റെ വൈദ്യുതി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വോൾട്ടാണ് അഞ്ച് നാനോ മുതൽ നൂറ് നാനോ വരെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ വോൾട്ടാണ് അഞ്ച് നാനോയിൽ താഴെ ഗോൾഡിന്റെ വൈദ്യുതി മുപ്പത് വോൾട്ടിൽ കൂടുതലാണ് നാൽപ്പതൻപത് വോൾട്ടാണ് അതിസൂക്ഷ്മങ്ങളായ കണങ്ങൾ അവിടെ എത്തിക്കുന്നതിനെ അതിനാണ് പല ഔഷധങ്ങളെ യോജിപ്പിച്ച് അടുപ്പ് നിൽക്കുന്നത് ഒരൗഷധം തീ കൊണ്ട് മാത്രം അതിൻ്റെ ശക്തി പുറത്തിലപ്പ് കൊണ്ടിരിക്കില്ല വേറൊരു ഔഷധം അതിൽ ചെല്ലുമ്പോൾ ഒന്ന് കാറ്റലിസ്റ്റായി അതായത് യോഗവാഹിയായി രൂപാന്തരപ്പെടുമ്പോൾ അത് പുറത്തേക്ക് വരികയും അങ്ങനെ കഷായം ഒരെണ്ണയിൽ തിളപ്പിക്കുമ്പോൾ എണ്ണയുടെ മൊളിക്കൂളുകളെ സ്പ്ലിറ്റ് ചെയ്ത് അതിനുള്ളിൽ ഔഷധം കയറിക്കൂടുകയും ജലം മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ എണ്ണയിലേക്ക് കടന്നുകൂടിയ ഔഷധ വീര്യം നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ എണ്ണ മുമ്പിൽ വളരെ വേഗത്തിൽ ഔഷധത്തെയും കൊണ്ട് ഓടുകയും അത് യോഗവാഹിയാവുകയും ചെയ്യുകയാൽ അത് ബ്ലഡ് ബ്രെയിൻ വാരിയർ കിടക്കുന്നു ഇതൊക്കെയാണ് നിങ്ങൾ പഠിത്തമൊന്നുമില്ലാതെ അല്ലാണ്ട് എഴുതി വെച്ചതാണത് തെറ്റിദ്ധരിച്ചത് വായിച്ചാൽ മനസ്സിലാകില്ലാത്ത തലമുള്ള ഈ ശാസ്ത്രമൊക്കെ ഇനിയും എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ശാസ്ത്രത്തിന് കണ്ണാടി വെച്ചെന്ന് എത്തി നോക്കാൻ പറ്റുന്നത് മനസ്സിലാകുമെന്നല്ല എൺപതം പറഞ്ഞത് ഇതിന്റെ കെമിസ്ട്രി അത്രയും ആഴമുള്ളതാണ് അതിന് കണാദനെയും രാവണനെയും പാർശ്വനാഥനെയും വേളനെയുമൊക്കെ പഠിക്കണം ശ്രമിച്ചാലും അത്ര എളുപ്പമല്ല കാരണം നിങ്ങൾക്ക് കാശിനോടുള്ള താല്പര്യം കൂടി അവർക്ക് വേണ്ടി വന്നാൽ നിങ്ങള് എട്ടാം ക്ലാസ്സും കുസ്തിയാണെങ്കിലും ഏഴാം ക്ലാസ്സും തുല്യമായിരുന്നാലും അമേരിക്കൻ ഇംഗ്ലീഷ് രണ്ടാഴ്ച കൊണ്ട് പിടിക്കും വേണ്ടി മനസ്സിലായില്ല പക്ഷേ കാശുണ്ടാകുകയില്ലാത്തതുകൊണ്ട് സംസ്കൃതം നിങ്ങൾക്ക് വഴങ്ങുകയില്ല നിങ്ങളുടെ ജനിതകത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജനിതകങ്ങളിലൂടെ വന്ന ഈ ഭാഷ നിങ്ങൾക്ക് വെറുപ്പുള്ളതും അന്യവുമായത് കാശ് കിട്ടുകയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ജനിതകത്തിൽ ഇല്ലാത്ത പടിഞ്ഞാറുകാരന്റെ ഭാഷ നിങ്ങൾക്ക് എളുപ്പമായത് അവൻ മൂത്രമൊഴിച്ചിട്ട് പോയടത്തെ വെണ്ടയ്ക്കയും പാവിക്കുകയും നിങ്ങളുടെ അമ്മ തിന്നതിന്റെ ഫലമല്ല കാശുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ രസമുള്ളൂ മനസ്സിൽ ഹയാ ചിലപ്പോ ഞാൻ അങ്ങ് എത്തുകയാണ് ഒരു നടക്ക് ഒരു നടയ്ക്ക് ഞാൻ പിന്നെ തോന്നും വീട്ടിൽ ചെന്നപ്പെടുന്നെങ്കിൽ മനസിലായിലുള്ള എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ജനിതകം അറിവിലൂടെ കടന്നു വരുന്നതാ ആ പഴയ അറിവ് നിലനിൽക്കുന്നവർക്ക് മണ്ണും കല്ലും ചാണകവും പൊടിപടലങ്ങളും പുസ്തകവും അലർജി ആവില്ല മനസ്സിലായില്ല കുട്ടികാലത്ത് വെള്ളം തുടരരുത് പഴയ പേപ്പർ എടുക്കരുത് ഇച്ചിച്ചി അപ്പി ശരിയല്ല അതുകൊണ്ടാണ് പഴയ ആളുകള് മനുഷ്യൻ അറപ്പുവരാവുന്ന പദാർത്ഥങ്ങളുമായാണ് ആദ്യം പൊരുത്തപ്പെട്ട് ആരോഗ്യമുണ്ടാക്കിയത് വീടുകളിലൊക്കെ മലവും മൂത്രം ഉണ്ടാവും അത് ചാണകം തേക്കും അത് പറക്കും അതിനകത്തുള്ള പെണ്ണുങ്ങൾ വളരും അതിനകത്ത് ഗർഭിണി ജീവിക്കും അവള് പ്രസവിക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി കൂടുതൽ ഉണ്ടാവും മനസ്സിലായത് ഞാൻ ഒരു പരീക്ഷണമെന്ന് പറഞ്ഞിരുന്നു മേരി ക്രൂക്കിന്റെ ജനറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വെള്ളലികളിൽ ടൈപ്പോൺ ഡയബറ്റിസിന് മരുന്ന് കുത്തിവെക്കുമ്പോൾ എൺപത് ശതമാനം ടൈപ്പോൺ ഡയബറ്റിസ് പിടിപെട്ടു ഒരു തവണ എലികളെ കിട്ടാതെ നോക്കേരി ഇംഗ്ലണ്ടില് എലികളെ വിലയ്ക്ക് വാങ്ങിക്കാൻ പോയി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവില്ല ഗവേഷണ രംഗത്തുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഞങ്ങൾ അവിടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പല കാര്യങ്ങളിലും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അന്ന് കണ്ടേ അണ്ടേഴ്സൺ യൂണിവേഴ്സിറ്റിയിലെ പേപ്പറുകൾ കണ്ടത് ഇപ്പൊ തന്നെ ആറ് ഏഴ് ഷിപ്മെന്റ് സർവീസ് മിയർ പരീക്ഷണം നമുക്ക് വേണ്ടി തന്നെ ആയുർവേദ മരുന്നുകൾ തന്നെ